നിങ്ങളുടെ സമ്പത്തോ സന്ധാനങ്ങളോ ഞങ്ങളുടെ അടുക്കൽ നിങ്ങളെ അടുപ്പിക്കുകയില്ല എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ അവർക്ക് അവർ പ്രവർത്തിച്ചതിന്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കും അവർ ഉയർന്ന മാളികകളിൽ സുരക്ഷിതരായിരിക്കും